ആരെങ്കിലും നല്ലൊരു ശുപാർശ ചെയ്താൽ അതിൽ നിന്നവനൊരു വിഹിതം ലഭിക്കും എന്നാൽ ആരെങ്കിലും മോശമായൊരു ശുപാർശ ചെയ്താൽ അതിൽ നിന്നവനൊരു വിഹിതം ലഭിക്കും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബഹാനഹുവ ചയാല എല്ലാം നിയന്ത്രിക്കുന്നവനാണ്